ം പതിനാല് ഒരു ദിവസം ശൌലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട് വരിക നാം അങ്ങോട്ട് ഫിലിസ്റ്ററുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുകയെന്ന് പറഞ്ഞു അവനപ്പനോട് പറഞ്ഞില്ലതാൻ ഷൌൽ ഗിബയയുടെ അതിരിങ്കൽ മിഗ്രോനിലെ മാതളനാരകത്തിൻകീഴിൽ ഇരിക്കയായിരുന്നു അവനോടു കൂടെ ഉണ്ടായിരുന്ന പടജനം ഏകദേശം ഷീലോവിൽ യഹോബിയുടെ പുരോഹിതനായിരുന്ന ഏലിയുടെ മകനായ ഫിനെഹാസിന്റെ മകനായ ഇഖാബോദിന്റെ സഹോദരനായ അഹീത്തൂബിന്റെ മകൻ അഹിയാവ് ആയിരുന്നു അന്ന് ഫോദ് ധരിച്ചിരുന്നത് യോനാഖാൻ ജനമറിഞ്ഞില്ല യോനാഖാൻ ഫിലിസ്തീനയുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുവാൻ നോക്കിയ വഴിയിൽ ഇപ്പുറവും അപ്പുറവും കടന്നു തൂക്കമായ ഓരോ പാറ ഉണ്ടായിരുന്നിരുന്നു ഒന്നിന് ബോസെസ് എന്നും മറ്റേതിന് സേന എന്നും പേർ ഒന്ന് വടക്കുവശം മിക്മാസിന് മുഖമായും മറ്റേത് തെക്കുവശം ഗിബയയ്ക്ക് മുഖമായും തൂക്കെ യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട് വരിക നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ല പക്ഷെ യഹോവ നമുക്കുവേണ്ടി പ്രവർത്തിക്കും അധികം കൊണ്ടോ അൽപ്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു ആയുധവാഹകൻ അവനോട് നിന്റെ മനസ്സുപോലെയൊക്കെയും ചെയ്യുക നടന്നുകൊള്ളുക നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോടു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞറിഞ്ഞു അതിന് യോനാഥാൻ പറഞ്ഞത് നാം അവരുടെ നേരെ ചെന്ന് അവർക്ക് നമ്മെ തന്നെ കാണിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവോളം നിൽപ്പീനെന്ന് അവർ പറഞ്ഞാൽ നാം അവരുടെ അടുക്കൽ കയറിപ്പോകാതെ നിന്നടത്ത് തന്നെ നിൽക്കേണ്ട ഇങ്ങോട്ട് കയറി വരുവീനെന്ന് പറഞ്ഞാലോ നമുക്ക് കയറിച്ചല്ല യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് ഇത് നമുക്ക് അടയാളമായിരിക്കും ഇങ്ങനെ അവർ ഇരുവരുവരും ഫിലിസ്തീറുടെ പട്ടാളത്തിന് തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ ഇതാ എബ്രായർ ഒളിച്ചിരുന്ന പുത്തുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന് ഫിലിസ്തീർ പറഞ്ഞു പട്ടാളക്കാർ യോനഥാനോടുമുണ്ടും അവന്റെ ആയുധവാഹകനോടു ഇങ്ങോട്ട് കയറി വരുവേൻ ഞങ്ങൾ ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ യോനാഥാൻ തന്റെ ആയുധവാഹകനോട് എന്റെ പിന്നാലെ കയറി യഹോവ അവരെ ഇസ്രയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു അങ്ങനെ യോനാഥാനും അവന്റെ പിന്നാലെ ആയുധവാഹകനും തത്തിപ്പിടിച്ച് കയറി അവർ യോനാഥാന്റെ മുമ്പിൽ വീണു ആയുധവാഹകൻ അവന്റെ പിന്നാലെ കൊന്നും കൊണ്ട് നടന്നിരുന്നു യോനാധാനം ആയുധവാഹനം ചെയ്ത ഈ ആദ്യ സംഹാരത്തിൽ ഒരു കാണിനലത്തിന്റെ പാതയിൽ നീളത്തിനകം ഇരുപത് പേർ വീണു പാളയത്തിലുമ്പം പോർക്കളത്തിലുമ്പിലും സർവ്വജനത്തിലുമ്പിലും നടുക്കമുണ്ടായി പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു ഭൂമി കുലി നീങ്ങി വലിയൊരു നടുക്കമുണ്ടായി അപ്പോൾ ബെന്യാമീനിലെ ഗിബയയിൽ നിന്ന് ഷൌലിന്റെ കാവൽക്കാർ നോക്കി പുരുഷാരം ചിന്നി അങ്ങുമിങ്ങും ഓടുന്നത് കണ്ടു ശൌൽ കൂടെയുള്ള ജനത്തോട് എണ്ണി നോക്കി നമ്മിൽ നിന്ന് പോയവർ ആരെന്നറിയും എന്ന് കൽപ്പിച്ചു അവർ എണ്ണി നോക്കിയപ്പോൾ യോനാധാനം അവന്റെ ആയുധവാഹകനും ഇല്ലായിരുന്നു അഹിയാവിനോട് എന്നു പറഞ്ഞു ദ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ ഉണ്ടായിരുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്റ്റീനയുടെ പാളയത്തിലെ കലാപം മേൽക്കുമേൽ വർധിച്ചുവന്നു അപ്പോൾ പുരോഹിതനോട് നിന്റെ കൈ വലിക്കാം എന്നു പറഞ്ഞു കൂടെയുള്ള ജനമൊക്കെയും ഒന്നിച്ചുകൂടി പടയ്ക്കേച്ചെന്നു അവിടെ അവർ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരിക്കുന്നത് കണ്ടു മുമ്പെ ഫിലിസ്തീനോട് ചേർന്ന് ചുറ്റുമുള്ള ദേശത്തുനിന്ന് അവരോടുകൂടെ പാളയത്തിൽ വന്നിരുന്ന യബ്രായലും ശൌലിനോടും യോനാഥാനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രയേലുടെ പക്ഷം തിരിഞ്ഞിരിഞ്ഞു അങ്ങനെ തന്നെ യഫ്രൈം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രേലിയറൊക്കെയും ഫിലിസ്തർ തോറ്റോടി എന്ന് കേട്ടയുടനെ അവരും പടയിൽ ചേർന്ന് അവരെ പിന്തുടർന്നു അങ്ങനെ യഹോവാ അന്ന് ഇസ്രയേലിനെ രക്ഷിച്ചു പട ബേത് ആവൻ വരെ പരന്നിരുന്നു സന്ധിക്ക് മുമ്പും ഞാൻ എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളൂ ആഹാരം കഴിക്കുന്നവനവൻ ശപിക്കപ്പെട്ടവനെന്ന് ഷൌൽ പറഞ്ഞു ജനത്തെക്കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതിനാൽ ഇസ്രയേല് അന്നു വിഷമത്തിലായി ജനത്തിൽ ഒരുത്തനുവിനും ആഹാരം ആസ്വദിച്ചതുമില്ല ജനമൊക്കെയും ഒരു കാട്ടുപ്രദേശത്ത് അവിടെ നിലത്ത് തേൻ ഉണ്ടായിരുന്നു ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റുറ്റുവീഴുന്നത് കണ്ടു എങ്കിലും സത്യത്തെ ഭയപ്പെട്ട് ആരും തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല യോനധാന തന്റെ അപ്പൻ ജനത്തെക്കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ അറ്റം നീട്ടിയിട്ട് ഒരു തേൻകട്ടയിൽ കുത്തിയി അതെടുത്ത് തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണ് തെളിഞ്ഞു അപ്പോൾ ജനത്തിൽ ഒരുത്തൻ ഇന്ന യാതൊരു ആഹാരമെങ്കിലും കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് നിന്റെ അപ്പൻ ജനത്തെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട് ജനം ക്ഷീണിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യോനധാൻ എന്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി ഞാൻ ഈ തേൻ ഒരൽപം ആസ്വദിക്കൊണ്ട് എന്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലയോ ജനത്തിന് കണ്ടുകിട്ടിയ ശത്രുക്കളുടെ കൊള്ളയിൽ നിന്ന് അവർ എടുത്ത് ഇന്ന് വേണ്ടും പോലെ ഭക്ഷിച്ചിരുന്നു എത്ര നന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ഫിലിസ്തീനരുടെ അപജയം അത്ര വലുതായില്ലോ എന്ന് പറഞ്ഞു അവർ മിഗ്മാസ് തുടങ്ങി അയ്യാലോൻ വരെ ഫിലിസ്തീരെ സംഹരിച്ചു ജനമേറ്റവും തളർന്നുപോയി ആകയാൽ ജനം കൊള്ളയ്ക്ക് ഓടിച്ചെന്ന് ആടുകളെയും കാളകളെയും കിടാക്കളെയും പിടിച്ച് നിലത്തുവെച്ചറുത്ത് രക്തത്തോടു കൂടെ തിന്നുന്നു ജനം രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവിയുടെ പാപം ചെയ്യുന്നു എന്ന് ശൗലൻ അറിവ് കിട്ടിയപ്പോൾ അവൻ നിങ്ങൾ ഇന്ന് ദ്രോഹം ചെയ്യുന്നു ഒരു വലിയ കല്ല് എന്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവേൽവി എന്ന് പറഞ്ഞു പിന്നെയും ഷൗ നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ എല്ലായിടവും ചെന്ന് അവരോട് ഓരോരുത്തൻ താന്താന്റെ കാളയെയും ആടിനെയും എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അറുത്ത് തിന്നുകൊൾവേൽവി രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവിയോട് പാപം ചെയ്യരുത് എന്ന് പറവീ എന്ന് കൽപ്പിച്ചുവെച്ചു അങ്ങനെ ജനമെല്ലാം കാളകളെ അന്ന് രാത്രി കൊണ്ടുവന്ന് അവിടെ വെച്ച് അറുത്തോ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണുതൂത്തു അത് അവൻ യഹോവയ്ക്ക് ആദ്യം പണുതാത്ത യാഗപീഠമായിരുന്നു അനന്തരം നാം രാത്രിയിൽ തന്നെ ഫെലിസ്റ്റരെ പിന്തുടർന്ന് പുലരുവോളം അവരെ കൊള്ളയിടുക അവരിലൊരുത്തനെയും ശേഷിപ്പിക്കരുത് എന്ന് കൽപ്പിച്ചു നിനക്ക് ബോധിച്ചതുപോലെയൊക്കെയും ചെയ്തുകൊള്ളുക എന്നാണ് അവർ പറഞ്ഞപ്പോൾ നാം ഇവിടെ ദൈവത്തോടടുത്തു ചെല്ലുക എന്നാണ് പുരോഹിതൻ പറഞ്ഞു അങ്ങനെ ദൈവത്തോടോട് ഞാൻ ഫിലിസ്തീനെ പിന്തുടരേണമോ നീ അവരെ ഇസ്രയേലിന്റെ കൈയിൽ ഏൽപ്പിക്കുമോ എന്നു അരുളപ്പാട് ചോദിച്ചു എന്നാൽ അന്ന് അവന് അരുളപ്പാട് ലഭിച്ചില്ല അപ്പോൾ ജനത്തിന്റെ പ്രധാനികളൊക്കെയും ഇവിടെ അടുത്തുവരട്ടെ ഇന്ന് പാപം സംഭവിച്ചത് ഏത് കാര്യത്തിലെന്ന് അന്വേഷിച്ചറിവേ ഇസ്രയേലിനെ രക്ഷിക്കുന്ന യഹോവയാണ് അത് എന്റെ മകൻ യോനാഥാനിൽ തന്നെ ആയിരുന്നാലും അവൻ മരിക്കണം നിശ്ചയം എന്നാൽ അവനോട് ഉത്തരം പറവാൻ സർവജനത്തിലും ഒരുത്തനും തുനിഞ്ഞില്ല അവൻ എല്ലാ ഇസ്രയേലിനോടും നിങ്ങൾ ഒരു ഭാഗത്ത് നിൽപ്പേണ്ടി ഞാനും എന്റെ മകനായ യോനാഥാനും മറുഭാഗത്ത് നിൽക്കാമെന്ന് പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ജനം ഷൌലിനോട് പറഞ്ഞു അങ്ങനെ ഷൌൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവിയോട് നേർ െളിപ്പെടുത്തി തരേണമേ എന്ന് പറഞ്ഞു അപ്പോൾ ഷൌലിനും യോനാഥാനും ചീട്ടുവീണു വീണു ജനം ഒഴിഞ്ഞുപോയി പിന്നെ ഷൌന എനിക്കും എന്റെ മകനായ യോനാഥാനും ചീട്ടിടുവീനെന്ന് പറഞ്ഞു ചീട്ട് യോനഥാന വീണു വീണു യോനാഥാനോട് നീ എന്തു ചെയ്തു എന്നോട് പറക എന്ന് പറഞ്ഞു യോനാഥാനവനോട് ഞാൻ എന്റെ വടിയുടെ അറ്റം കൊണ്ട് അല്പം തേൻ ആസ്വദിച്ചതേയുള്ളൂ അതുകൊണ്ടിതാ ഞാൻ മരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ശൗൽ ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ യോനാഥാനെ നീ മരിക്കണം എന്നു തരം പറഞ്ഞു എന്നാൽ ജനം ശൌലിനോട് ഇസ്രയേലിൽ ഈ മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാഥാൻ മരിക്കണമോ ഒരിക്കലും യഹോവയാണ് അവന്റെ തലയിലെ ഒരു രോമവും നിലത്തു വീഴുകയില്ല അവൻ ഇന്ന് ദൈവത്തോടു കൂടെയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു അവൻ മരിക്കേണ്ടി വന്നതുമില്ല പിന്തുടരാതെ മടങ്ങിപ്പോയി ഫലിസ്ഥീനും തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി േലിൽ രാജത്വമേറ്റ ശേഷം മൊവാബ്യർ അമൊന്ന രാജാക്കന്മാർ ഫിലിസ്തീമർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോടുകൂടി യുദ്ധം ചെയ്തി അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു അവൻ ശൌര്യം പ്രവർത്തിച്ച് അമാലിയ്ക്കരെ ജയിച്ചു ഇസ്രയേലരെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു എന്നാൽ ശൌലിന്റെ പുത്രന്മാർ യോനാഥാൻ ഇശ്വി മൽക്കീശ്വ എന്നിവരായിരുന്നു അവന്റെ രണ്ടു പുത്രിമാർക്കോ മൂത്തവൾക്ക് മേരം എന്നും ഇളയവൾക്ക് മീഖൾ എന്നും പേരായിരുന്നു ഷൗലിന്റെ ഭാര്യയ്ക്ക് അഹീനോവം എന്നു പേർ ആയിരുന്നു അവൾ അഹിമാസിന്റെ മകൾ അവന്റെ സേനാധിപതിക്ക് അബ്നേർ എന്ന പേർ അവൻ ഷൌലിന്റെ ഇളയപ്പനായ കീശും അബ്നേരിന്റെ അപ്പനായ നേരും അബിയേലിന്റെ മക്കൾ ആയിരുന്നു ഷൗലിന്റെ കാലത്തൊക്കെയും ഫെലിസ്റ്റീനോട് കഠിന യുദ്ധം ഉണ്ടായിരുന്നു എന്നാൽ ൌൻ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ